തോ അർവാചേ ശീകാരസിനും അത് നമ്മൾ യോഗശാസ്ത്ര യോഗത്തിലൊക്കെ ഒരുപാട് ചർച്ച ചെയ്തത് അനരുജ്നമനാ അതുപോലെ പ്രിയ വിശേഷ ദുഃഖ നിമിത്തേഷും പ്രിയ വിശ്ലേഷൻ പ്രിയപ്പെട്ടതകന്നു പോകുമ്പോൾ അപ്രിയ ആഗമനം പ്രിയമില്ലാത്തത് വന്നു ചേരുന്ന് എല്ലാം ദുഃഖത്തിന് നിമിത്തം പ്രിയവിശ്ലേഷാദി ദുഃഖ നിമിത്തേഷു പ്രസ്ഥിതേഷും ഇങ്ങനെ വരുമ്പോ അനുദ്ധിക്കണമെന്നാണ് ദുഃഖീക ദുഃഖമില്ല ഉദ്വിക്കണം ഓ വിജയ് ഭയച്ചു പോകുന്നു ഭാഗം ഭയവും ചരക്കോ ഇവിടെ ചെലനാൾ തോന്നുന്നു കാരണം പ്രയത്തെക്കുറിച്ച് ഇനി പറയുന്നത് ഈ ഭയങ്കര ഒന്നാണവിടെ മനസ്സ് ചലിക്കാതിരിക്കുക എന്ന മനസ്സ് നദുഃഖിപ്പോകും നിമിത്തങ്ങൾ ഉണ്ടായിരുന്നാലും മനസ്സ് ദുഃഖിക്കാതെ ദുഃഖത്തിൻ്റെ നിമിത്തങ്ങൾ ഉണ്ടായിരുന്നാലും മനസ്സ് ദുഃഖിക്കുക അതാണ് സ്ഥിരപ്രജ്ഞ അതുപോലെ സുഖേഷ് വിഘതസ്പൃത സുഖേഷ പ്രിയേഷ് സന്നിഹേഷ് അഭി ഗഹതസ്പൃഹുഖം പ്രാപ്തമായ അതിനോട് സ്പൃഹ രാഗം ഉണ്ടായിരുന്നു സുഖം അനുകൂലമായതുകൊണ്ട് സ്വാഭാവികമായിട്ട് ഇഷ്ടം തോന്നുക പതിവാണ് പറയുന്നു അങ്ങനെ വന്നു കഴിഞ്ഞാൽ രാഗമില്ലാതിരിക്കുക സുഹേഷി ദിവസീതരാഗയക്രോധം തദ്ഹിത പ്രിവിശ്രേഷ അപ്രി ആഗമനഹേതുദർശന നിമിത്തം ദുഃഖം ഭയ അത് ഭയത്ത് വ്യാഖ്യക അനാഗതേഷ ഇവര് ബന്ധം പറയുമ്പോൾ പഴയ വേഖാതാക്കൾ അവരുടെ മനസ്സിലിരിക്കുന്ന എന്താണ് ഇപ്പോഴിവര് മനസ്സിൽ വച്ചിരിക്കുന്ന കാര്യങ്ങൾ എന്നൊക്കെ സ്വർഗം അനാഗതം അതിനോട് രാഗം തോന്നും ഇഷ്ടം തോന്നും അത് പാടില്ല എന്നാ മനസ്സിൽ അപ്പൊ അതിനോട് രാഗം തോന്നു കഴിഞ്ഞാൽ പിന്നെ വൈകുണ്ടത്തിൽ പോകാനുള്ള പരിപാടികൾ അവസാനിപ്പിച്ചിട്ട് സ്വർഗത്ത് പോകാൻ വേണ്ടി പ്രവർത്തി അപ്പോൾ അത് പ്രാപ്തമായിട്ടില്ല അനാഗതം പക്ഷേ കർമ്മം ചെയ്ത് അത് അതുകൊണ്ട് അതിനോട് രോഗമുള്ള പഴയകാലത്ത് പ്രത്യേകിച്ച് ഇതും വൈദികന്മാരുടെ അന്നത്തെ അവരുടെ സംസ്കാരം അനുസരിച്ച് ഇതൊക്കെയാണ് അവരർത്ഥമാണ് സാധാരണ മനുഷ്യന്റെ ചിന്തകളിൽ നിന്നുകൊണ്ടല്ല ഇതൊക്കെ അത് പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും സർഗം ഇതുവരെ പ്രാപിച്ചിട്ടുള്ളതല്ല പക്ഷെ അത് ഈശ്വരനെ വിസ്മരിച്ച് പോകും അതിനുവേണ്ടിയിട്ടുള്ള പ്രവൃത്തികളേക്കും അതാണ് ഇട സാധാരണ മനുഷ്യന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും ഇത്തരം വ്യക്തതാക്കണം മനസ്സിലാക്കണം അത്തരം ജീവിതങ്ങളൊന്നും ഇവർക്ക് പരിചയമുണ്ടാവും അതൊന്നും ഇന്ന് ഇതിനൊക്കെ മനസ്സിലാകുമ്പോൾ നമ്മൾ അങ്ങനെയൊക്കെ ചെയ്തു അവിടെ വരുമ്പോ ഈ തരത്തിൽ വ്യാഖ്യാനിച്ചാലൊന്നും പോരാതാണ് കാരണം ഇന്നത്തെ ആധുനിക ശാസ്ത്രത്തിൽ നിശ്ചിത പ്രജ്ഞത അതിനെക്കുറിച്ച് ഒരുപാട് ചർച്ച ചെയ്തു അത് പുതിയ ശാസ്ത്രത്തിന് അന്യമായൊരു കാര്യമുണ്ട് അവിടെ ചർച്ച ചെയ്യുമ്പോൾ ഈ രീതിയിലൊന്നും എന്തെങ്കിലും മനസ്സിലാക്കി പക്ഷെ ആശയജ തന്നെയാണ് പക്ഷെ അതിൻ്റെ വിശദീകരണങ്ങൾ ഇങ്ങനെയല്ല അന്ന് പറഞ്ഞാൽ അവിടെ സ്വർഗവും നിരങ്ക മനസ്സിലുള്ള ന്യൂറോ സയൻസ് കൊമ്യൂണിറ്റീവ് സയൻസ് സൈക്കോളജി ഡേക്കർ നിലയിൽ നിന്നുകൊണ്ടാണ് വ്യാഖ്യാനം അവിടെ എങ്ങനെയാണ് സ്ഥിതപ്രജ്ഞനാകുന്നത് സ്ഥിതപ്രജ്ഞ ആശം പുതിയത് പഴയ നോക്കുകയാണ് പക്ഷെ എന്ത് വ്യാഖ്യാനിക്കുമ്പോൾ പഴയ ഒരു കാഴ്ചപ്പാടിലാണ് കേട്ടില്ല അപ്പൊ ഞാൻ പറഞ്ഞില്ലേ സൈക്കോളജിയിൽ അതിനെ പറയുന്നത് സൈക്കോളോജിക്കൽ പ്ലേസ കൊബിനേറ്റീവ് സയൻസിലതിനെ കുറിച്ച് പറയുന്നത് കൊബിനേറ്റീവ് കൺട്രോൾ ന്യൂറോ സയൻസ് അതിനെക്കുറിച്ച് പറയുന്നത് ഇമോഷണൽ റെഗുലേഷൻ മതിയാണ് അങ്ങനെയൊക്കെ വിശദീകരിക്കുന്നുണ്ട് അറിയാം സന്ദർഭം പോലെ പറയാം അപ്പൊ ഇന്നും ഇത് ചർച്ച ചെയ്യുന്നൊരു വിഷയമാണ് പക്ഷേ ഈ തരത്തിലുള്ള ഇത്തരത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത് കൊണ്ട് ട്രഡീഷണലായ രീതിയിൽ മനസ്സിലാക്കുന്നതുകൊണ്ട് ഇന്നത്തെ നമ്മുടെ സാഹചര്യങ്ങളിൽ ചുറ്റുപാടുകളിൽ നമുക്ക് കാര്യമായ പ്രയോജനമൊന്നും ഉണ്ടാവത്തില്ല നമ്മുടെ സ്വന്തം ജീവിതത്തിൽ അത് വലിയ പ്രയോജനം ഉണ്ടാകത്തില്ല ഇവിടെ പറയുന്നത് എന്താണോ അവിടെയാണ് വ്യത്യാസം ദുഃഖത്തിന്റെ നിമിത്തം വന്നുകഴിഞ്ഞാൽ ദുഃഖിക്കുന്നില്ല എന്നാ അധികം കൂടുതലെന്നുള്ള വിഷയം ഇവിടെ ഇല്ല പിന്നെ അവിടെ എഴുതിയിട്ടുണ്ടോ അധികം ദുഃഖിക്കരുത് കുറച്ച് മിതമായി ദുഃഖിക്കണം അങ്ങനെ ഒരാശയമില്ല അവിടെ എടുക്കാൻ ഒരാ എല്ലാവരും അങ്ങനെ വയ്ക്കരുത് പിന്നെ ദുഃഖേഷ സുഖേഷ് സുഖം വരുന്ന രാഗമില്ലാതിരിക്കുക അവിടെ എന്താണ് മിതമായ രാഗം അങ്ങനെ ഒരാശയമില്ല എന്ന് പറയുമ്പോൾ ഇന്നത്തെ ആധുനിക കാലത്ത് പറയുന്ന എന്താണ് ചിതപ്രജ്ഞത എന്ന് പറയുന്നത് regulation of brain and behavior എന്ന് പറയുന്ന ആശയം കൊണ്ടുവന്നു കൊണ്ടാണ് പറയുന്നത് ഇത് ഇതുകൊണ്ട് വെരി പറയുന്നു ഇതിgetElementById ഇന്നു മനസ്സിലാക്കേണ്ടത് അന്ന് ഇത് ഓക്കേ കാരണം അന്ന് മനുഷ്യനെ മനസ്സിലിന്ന് സ്വർഗ്ഗവും നരവും ഒക്കെയാണ് ആ മനുഷ്യനെ അതിനന്ന് പെൻതിപ്പിക്കാനാണ് അപ്പോൾ ഇത് മതി ഇന്നു കാലമാര പോയി ആണ് വ്യത്യാസം അപ്പോ റെഗുലേഷൻ ഓഫ് ബ്രെയിൻ ആൻഡ് ബിഹേവിയർ എന്ന് പറഞ്ഞാൽ അന്നത്തെ ആൾക്കാർക്ക് എന്തെങ്കിലും മനസ്സിലാവും ഇന്നുള്ള ആൾക്കാർക്ക് മനസ്സിലാവും എന്താ അവിടെ എന്താ ഉദ്ദേശിക്കും അവർക്ക് വിശദീകരിച്ചു കൊടുക്കാൻ പറ്റും പറയുന്നു അതൊന്നുമു വിശദീകരിക്കാം തദ്രേത പിന്നെ പ്രിയവിശേഷ അപ്രിയ ആഗമന രേഖദർശന നിമിത്തം ദുഃഖം ഭയം ഈ ഭയത്തെക്കുറിച്ചുള്ള ഈ നിർവചനം തന്നെ ശരിയല്ല എന്താണ് പറയുന്നത് പ്രിയ വിശ്ലേഷം നമുക്കേറ്റവും പ്രിയപ്പെട്ട് എന്തെങ്കിലും അകന്നു പോകുമ്പോൾ പിരിഞ്ഞു പോകുമ്പോൾ അപ്രിയ ആഗമനം നമുക്ക് അപ്രിയമായി എന്തെങ്കിലും വന്നു ചേരുമ്പോ അതിൻ്റെ അതിനെന്താ കാരണം പ്രിയത്തിന് കാരണമായിരിക്കുന്നത് എന്താണ് പ്രിയ വിശ്ലേഷത്തിന് പ്രിയം പിരിഞ്ഞു പോകുന്ന കാരണമായിരിക്കുന്നത് എന്താണ് അപ്രിയം വന്നുചേരുന്നതിന് എന്താണ് കാരണം ആ ഹേതുദർശനം ആ കാരണത്തെക്കുറിച്ച് ഉള്ള ബോധം അത് നിമിത്തം അതുകൊണ്ടുണ്ടാകുന്ന ദുഃഖം അതാണ് ഭയം അതുകൊണ്ടുണ്ടാകുന്ന ദുഃഖമാണ് ഭയം ദുഃഖം ഭയം എന്ന് പറയുന്നത് നമുക്ക് പ്രിയുമുള്ള എന്തെങ്കിലും നമ്മളിൽ നിന്ന് അകന്നു പോകുന്നതിന് എന്താണോ കാരണം ആ കാരണത്തെക്കുറിച്ചുള്ള അറിവ് കൊണ്ടും നമുക്കുണ്ടാകുന്ന ദുഃഖം അത് പറയും അതുപോലെ തന്നെ അപ്രിയമായി എന്തെങ്കിലും വന്നുചേരും അതിനെക്കുറിച്ച് അറിവുണ്ടാകുമ്പോൾ അത് ഉണ്ടാകുന്ന നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന ദുഃഖമാണ് ഭയം ഭയവും രണ്ട് ഇമോഷൻസാണ് രണ്ടും ഒന്ന് ഭയം ദുഃഖത്തിന് കാരണമാകാം ദുഃഖം ഭയത്തിന് കാരണമാകാം പക്ഷേ ഇവിടെ ദുഃഖം ഭയമെന്ന് പറഞ്ഞ് അതും ശരിയായൊരു നിർവചനം നമുക്ക് സാധാരണ രീതിയിൽ തന്നെ അറിയാവുന്നതാണ് അതിൻ്റെ രണ്ടിൻ്റെയും ബയോളജിക്കൽ പ്രോസസ്സും രണ്ടിന സാധാരണഗതിയിൽ ഭയം നമ്മുടെ മനസ്സിലുണ്ടാകുമ്പോൾ അവിടെ നമ്മുടെ സിസ്റ്റം ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് മോഡലേക്കുമാണ് എന്ന് പറഞ്ഞാൽ അവിടെ കൂടുതൽ എലർജി റിലീസ് ആവും നമ്മുടെ മസിലുകളെല്ലാം ടെൻസ്ഡ് ആവും അവിടെ ഊർജം ബ്രെയിൻ കൂടുതൽ ചിലവഴിക്കുക ഭയമുണ്ടാവും മറിച്ച് സംഭവിക്കാം ചിലവ് പറഞ്ഞാൽ പേടിച്ച് ഞാൻ മരവിച്ച് പോയിരുന്നു അങ്ങനെ ഈ സംഭവിച്ചുകൂടാങ്കിൽ പൊതുവെ സാധാരണക്കാരി ദുഃഖം അങ്ങനെ അല്ല ദുഃഖം വന്നു കഴിഞ്ഞാൽ അവിടെ നമ്മുടെ ശരീരത്തിന്റെ ഊർജം ത്തിന്റെ ഉപയോഗം കുറയുകയാണ് ചെയ്യും നമ്മൾ ദുഃഖം വന്നു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു മൂലങ്ങൾ പോയിരുന്നു കരഞ്ഞുകൊണ്ടിരിക്കും ഡിപ്രഷൻ നമുക്ക് ഒന്നും പ്രവർത്തിക്കുന്നതിനുള്ള താല്പര്യമുണ്ടാവാ ഭയം എന്ന് പറയുന്നത് പ്രത്യക്ഷമായി സംഭവിക്കാം പട്ടി കളിക്കാൻ വരുമ്പോൾ ഒന്നുകിൽ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കും അല്ലെങ്കിൽ അതിനോട് ഏറ്റുമുട്ടാൻ ശ്രമിക്കും ഭയം രണ്ടിനും കാരണമായി ീരാ നമ്മുടെ ഓർമ്മയിൽ നിന്നും ഭയമുണ്ടാകാം പഴയകാലത്തിൽ എന്തെങ്കിലും ഭയപ്പെടുത്തുന്ന ഭൂതത്തെയോ പ്രേതത്തെയൊക്കെ കണ്ടവർക്ക് ഇപ്പോൾ ആ ഭൂതപ്രേത ഓർമ്മകൾ ഭയത്തേ ഉണ്ടാകും ദുസ്വപ്നങ്ങളൊക്കെ കാണുമ്പോൾ പിന്നെ ചരടി ജോയിച്ചു അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ ഭയം നമ്മളെപ്പടെയുള്ളു അത്തരം ഭൂതങ്ങളെയൊക്കെ കണ്ട് സ്വപ്നത്തിൽ ഭയന്ന് കട്ടലിൽ നിന്ന് താഴെ എത്രയോ പേരും കാണാം ഇവിടെ തന്നെ വേണം അങ്ങോട്ട് പോകത്തില്ല അത് നമ്മുടെ ഇപ്പൊ ഭയത്തിന്റെ പ്രവർത്തനം വേറെയാണ് അത് മറ്റൊരു വികാരം തന്നെയാണ് ദുഃഖം അല്ലാതെ നമുക്കറിയാവുന്ന കാര്യമാണ് അതിന് വേറെ സയൻസും ഫിലോസഫിയൊന്നും പഠിക്കേണ്ട കാര്യമാണ് ഇപ്പൊ ദുഃഖമാണ് ഭയം എന്ന് പറയുന്നത് ഭയം ദുഃഖത്തെ ഉണ്ടാക്കാം അല്ലെങ്കിൽ ദുഃഖത്തിൽ നിന്നും ഭയം ഉണ്ടാക്കാം രീതിയിൽ സംഭവിക്കും ഇപ്പൊ പണ്ഡിതന്മാരെ വെച്ചിരിക്കുന്നത് അതുപോലെ അന്ന് ഗുണവും നിർബന്ധമൊന്നും ഇരിക്കുകയും നമ്മുടെ ചിന്താശേഷിയുടെ ഉപയോഗിച്ച് എന്താണെന്ന് ഇതിനുള്ള നമ്മുടെ വ്യത്യാസവും മനസ്സിലാവും ഭയം വേറെ തന്നെയാണ് ദുഃഖം വേറെ തന്നെയാണ് തദ്ദേശം വീതരാഗയം വീതഭയം ഭയരഹേദന തദ്തയേദന പിന്നെ പ്രിയ വിശേഷ അപ്രിയ ആഗമന ഹരിതഭൂത ചേതനാന്തര ദുഃഖ ഹേതുഭൂത സ്വമനോവികാര ക്രോധം ക്രോധം എന്ന് പറയുന്നതിന് ഇത്രയും നീന്താൻ സോഷ്യം ദ്വേഷ്യം എന്ന് പറയുന്നതിന് എന്താ ഇവിടെ എല്ലാം പറയുന്നത് അടുത്ത രഹി തന്നെ അതില്ലാത്തവന അവിടെയാണ് പ്രശ്നം അതില്ലാതെയാകുക എന്ന് പറയുന്നത് നടപ്പുള്ള കാര്യമാണ് അതില്ലാതാക്കുന്നത് മരിക്കണം വേറെ വഴിയൊന്നും അവിടെയാണ് ഞാൻ പറഞ്ഞത് പ്രശ്നമാണ് ഇതിൻ്റെയൊക്കെ റെഗുലേഷൻ ആണെങ്കിലും ശരി ഇതിനെയൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യുകയാണെങ്കിൽ അത് ശരിയാണ് അതൊക്കെ അത്ര സാധ്യമാകുമെന്നറിയാം മനുഷ്യന്റെ ബയോളജിയെക്കുറിച്ച് ശരിയായിട്ടുള്ള അറിവുകളാണ് ഇന്നത്തെ മനുഷ്യർക്കറിയാം ഇതില്ലാതാകാതെ നടക്കുന്ന കാര്യം അല്ലോട് എല്ലായിടത്തും തദ്രഹിതാന്ന് നാം പറഞ്ഞത് എന്താണ് പ്രിയ വിശ്വരേഷ പ്രിയപ്പെട്ടതാ വന്നു അപ്രിയം ആകുമ്പോൾ അപ്രിയം വന്നുചേരും ഇതെല്ലാം എന്താണ് അതിന് ഹേദം അതെല്ലാം ഹേതുവായിരിക്കുന്ന അത് ഹേതുപൂക അത് കാരണമായിരിക്കുക അതിന് കാരണമുണ്ട് അത് കാരണമായി അതായത് സ്ത്രീയും മകന്നു പോവുക അത്രയും വന്നുചേരുക അത് കാരണമായി ചേതനാതര മറ്റൊരു വ്യക്തി ഉണ്ടാകുന്ന ദുഃഖം ഹേതു ആ ദുഃഖം കൊണ്ട് വരുന്നത് സ്വമനോവികാരം തൻ്റെ മനസ്സിലുണ്ടാകുന്ന ഒരു വികാരമാണ് ക്രോധ ക്രോധ ശരിയാണ് എൻ്റെ ഒരു വികാരമാണ് ക്രോഭം പക്ഷെ അതെത്ര നീട്ടിയാണ് കേൾക്കുന്നത് ചെയ്തെന്ന് പറഞ്ഞൊരു വ്യക്തി മറ്റൊരു ജീവൻ ഉള്ള ദുഃഖം അതുകൊണ്ട് തന്റെ മനസ്സിൽ വരുന്ന വികാരമാണ് ഇപ്പോൾ ഇതും പൂർണ്ണമായും ശരിയല്ല ഇനി സംഭവിക്കാം മറ്റൊരു വ്യക്തിയിലുള്ള ദുഃഖം അതുകൊണ്ട് തൻ്റെ മനസ്സിൽ ക്രോധം വരാം അങ്ങനെ സംഭവിച്ചാൽ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആർക്കെങ്കിലും ദുഃഖം ആ ഇയാളെ ദുഃഖം ഉണ്ടാകുന്നതിന് ഭിന്ന വ്യക്തിയാണ് കാരണം നമുക്ക് ആ വ്യക്തിയോട് ക്രോധം വരും അത്രയും ഭാഗത്ത് അത് ചെയ്യാം പക്ഷെ ക്രോധ ഇത് മാത്രമല്ല ചേതനാന്തരൻ മറ്റൊരു ജീവിയിലുള്ള ദുഃഖം കൊണ്ട് വരുന്ന സ്വന്തം മനോവികാരം അങ്ങനെ ക്രോധത്തെ ചുരുക്കാൻ പറ്റില്ല ക്രോധത്തിന് പല നീട്ടങ്ങളുണ്ടാവും പിന്നെ മറ്റൊരു വ്യക്തിയിലുണ്ടാകുന്ന ദുഃഖം അതുവരെ പോകുന്നത് സ്വന്തം ദുഃഖം ഒരാളുണ്ടെങ്കിലും അയാളുടെ ദേഷ്യം തനിക്ക് ദുഃഖം ഉണ്ടാക്കണമെന്ന് തന്നെ തനിക്ക് ദുഃഖം ഭാഗികളും ഉണ്ടാക്കാവുന്ന ഒരു സംശയം നോക്കിയത് ആ വ്യക്തിയോട് ദേഷ്യം അപ്പൊ മറ്റുള്ളവരുടെ ദുഃഖം അപ്പോ മറ്റുള്ളവരുടെ ദുഃഖം എന്തിനാണ് ഉണ്ടാകുന്നത് എന്നാണ് മനുഷ്യർ വിശേഷം പ്രിയപ്പെട്ട് കടന്നു പോകുന്നതുകൊണ്ടും അപ്രിയം വന്നുചേരുന്നത് കൊണ്ടും മറ്റുള്ളവരുടെ ദുഃഖം ഉണ്ടാകും ഇത് പൊതുവെ ദുഃഖത്തിനുള്ള ഒരു കാരണമാണ് ചേതനാന്തര ഗത ഗത എന്ന് പറയും ചേതനാന്തര ഗത ദുഃഖം മറ്റൊരു ചേതനും ഉള്ളതു മറ്റൊരു ചേതൻ എന്ന് പറയുമ്പോൾ ഒരു ജീവൻ ആ ജീവനിലുള്ള ദുഃഖം ആ ദുഃഖം എങ്ങനെ ഉണ്ടായി പ്രിയവിശ്രേഷം കൊണ്ടോ അപ്രിയാഗനം കൊണ്ടോ പ്രിയപ്പെട്ടതും പോകുന്നത് കൊണ്ടോ അപ്രിയം വന്നു ചേരുന്നത് േതുമായിട്ട് പറയൂ പ്രിയവിശ്ലേഷം അപ്രിയ ആഗമനം അതായത് പ്രിയവിശ്ലേഷ അപ്രിയ ആഗമന ഹേതുഭൂത ചേതനാന്തരകൾക്ക് ദുഃഖ നമ്മൾ വരുന്ന എന്താണ് ആ ദുഃഖത്തിന് ഹേതഭൂതമായ സ്വമെന്ന് പറയുന്നത് അവിടെയാണ് സ്വശം പ്രവേശിച്ചത് മറ്റുള്ളവരുടെ ഇവിടെ മോനെ അടിക്കുകയാണ് കേട്ടാണ് ബാക്കിയുള്ളത് ചേതനാന്തരകല ദുഃഖം ചേതനാന്തര ചേതനാന്തര ഇവിടെ എന്താണ് മറ്റുള്ളവരുടെ ദുഃഖം ചേതനാന്തരഗത ദുഃഖം അതിന് ഹേതു എന്നാണ് നേരത്തെ പറഞ്ഞു അങ്ങുമ്പഴിയിരിക്കുന്നു വായിക്കാം അപ്പൊ വീണ്ടും അതാവില്ല അങ്ങനത്തെ മുമ്പ് അഴിഞ്ഞിരിക്കുന്ന കൂടെ വായിക്കും എന്താണ് ചേതനാന്തരഗത ദുഃഖം അനുമ്പം തഴിയിരിക്കുന്നത് അതിനൊരു ഹേതുണ്ട് അതിന്റെ ഹേതുവിനെ കുറിച്ചാണ് മുമ്പ് പറഞ്ഞിരിക്കുന്നത് എന്താണ് പ്രിയവിശേഷ അക്രമന ആഗമന ഹേതുവാണ് മറ്റൊരാളുടെയുള്ള ദുഃഖത്തിന് ഹേതു നമ്മളാണ് അപ്പൊ പിന്നെ ഇടയ്ക്ക് വീണ്ടും ഒരു ഹേതുഭൂതം വരുന്നത് അങ്ങനെ അത് ആദ്യം അവരുടെ ദുഃഖത്തിന് ഹേതുവായിട്ട് ഒരു കാരണം ഇവിടെ പറഞ്ഞിരിക്കുകയില്ല പറഞ്ഞു കഴിഞ്ഞല്ലോ ആദ്യത്തെ ഹേതുഭൂതം എന്ന് പറയുന്നത് ചേതനാന്തര ദുഃഖം അപ്പൊ പിന്നെ ചേതനാന്തരഗതം അത് തന്നെ അങ്ങനെ എടുക്കുന്നതിലും പ്രയാസമായിരിക്കുന്നതായിരിക്കും ഒന്ന് ആഗമനവും അത് പൊതുവെ ദുഃഖത്തിന് ഹേതുവാണ് ഈ രണ്ട് കാര്യങ്ങൾ അതാദ്യം പറഞ്ഞു തരുന്നു തുടക്കത്തിൽ തുടക്കത്തിൽ തന്നെ പറഞ്ഞുകൊണ്ടാണ് പ്രിയവിശേഷവും അപ്രിയ ആഗമനവും ദുഃഖത്തിന് ഹേതുവാണെന്ന് പറഞ്ഞു അത് തന്നെ ഇവിടെ അതൊന്ന് രണ്ടാവെന്ന് പറഞ്ഞു ചേതനാന്തരകത്ത് ദുഃഖഹേതുപൂത എന്ന് പറഞ്ഞു ക്രോധാഭാവ ചേതനത്തിൽ അചേതനമായിരിക്കുന്ന വായു ചൂട് മുള്ളു ഇതിനെല്ലാം ബാധകേഷം നമ്മളെ അത് ബാധിക്കുന്നതാണെങ്കിലും ക്രോധാറുള്ളത് അപ്പൊ പറയുന്നത് ശരിയല്ല അതായത് അചേതനങ്ങളിൽ ക്രോധം ഉണ്ടാകത്തില്ലെന്ന് നമ്മൾ പറയുന്നത് അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ചേതനൻ എന്ന് പറയുന്നത് കാരണം അവിടെ ചേതനൊന്നും ചേർന്നില്ല എന്നുണ്ടെങ്കിൽ പ്രിയ വിശ്ലേഷ പ്രിയ ഭൂത മറ്റെന്തെങ്കിലുമുണ്ടോ എന്നുള്ള ഒരർത്ഥമുണ്ട് അവൻ പറയുന്നു അത് ഛേതനമായ സംഭവിക്കും അചേതനമായി നമ്മൾ സംഭവിക്കില്ല എന്ന് പറയുമ്പോൾ അവിടെ ഛേതനം പറയുന്നത് അതിനോടേ പിന്നെ ഈ പറയുകയോ ശരിയില്ല കാരണം നമുക്ക് ക്രോധമുണ്ടാകുന്നത് അചേതനമായ ഇപ്പോ കാലം ഒരു മുള്ളുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ദേഷ്യം മുള്ളിനോട് തോന്നും മനപൂർവ്വം അത് അതൊന്നുമല്ല ചിന്തിക്കുന്നു അത് ഉണ്ടാകുന്ന ഒരു വികാരമാണ് അങ്ങനെ അചേതനങ്ങളിൽ ക്രോധം ഉണ്ടാകത്തില്ലെന്ന് അവിടെ പറയും അതുകൊണ്ടാണ് ചേതന എന്ന് പറഞ്ഞാൽ എന്നെ പറയുന്നു യെസ് ഉന്മത്തത്രാഭിജ്ഞ ഒൻപത്തന്നെ അവിടെയും പോകാൻ പറ്റും അതും ചെയ്ത അത്യാസും നമ്മൾ ചെയ്തെന്നാണെന്ന് അധ്യസിച്ചിട്ട് ഒന്ന് അചേതനമായ വസ്തുക്കളിൽ അചേതന്നാണെന്ന് കരുതിയിട്ടാണ് കോപിക്കുന്നത് അപ്പൊ ക്രോധം ജഡമായ വസ്തുക്കളിലെ വരൂ എന്ന് നിർബന്ധം പിടിക്കാൻ പറ്റത്തില്ല ഇവിടെ പറയുന്ന ജഡമായ വസ്തുക്കൾ ക്രോധം വരത്തില്ല എന്നാണ് അതായത് ക്രോധം ചൈതന്യമുള്ള ജീവികളിലേ വരും എന്നാണ് ഇവിടെ ആ ഒരു അർത്ഥം വെച്ചുകൊണ്ട് കഴിഞ്ഞിരിക്കുന്നു എന്നാ പറയും അല്ലെങ്കിൽ പറഞ്ഞതുപോലെയാണെങ്കിൽ ചേതനാന്തര ഗത ദുഃഖഭേദഭൂതാ എന്നുള്ളതിനേതനാന്തര മനോവികാരം തന്നെയാണ് പ്രിയ വിശ്ലേഷം അപ്രിയ ആഗമനം കൊണ്ട് ചേതനാന്തരത്തിലുള്ള എന്താണ് മനോവികാരം എന്ന് പറയുമ്പോ അത് അന്വയിക്കുന്നത് കുറച്ച് പ്രയാസം ഗതം എടുക്കാം ഗതം അവിടെ അന്വയിച്ചു കഴിഞ്ഞാൽ ഉള്ള നടത്തുന്നിട്ടുണ്ട് അപ്പൊ സേതനാന്തര ഗത ഭഗവന്റെ പ്രിയ വിശേഷം പ്രിയ ആഗമന ഹേതുഭൂത എന്ന് പറഞ്ഞത് അത്രയില്ലെങ്കിൽ ശരി ഇത്രയും പറയുന്നത് ചേതനാന്തരകഥ മറ്റൊരു ജീവനിലുള്ള ദുഃഖ ഹേതുഭൂത ദുഃഖത്തിന് ഹേതുവായ സോമനാകാരം ഓക്കെ അത് ശരിയാണ് കുറവ് പ്രിയവിശ്ലേഷ അപ്രിയാകമനം എന്ന് പറയുന്നത് ദുഃഖത്തിന് ഹേതുമാണ് നേരത്തെ പറഞ്ഞില്ല പറഞ്ഞു എവിടെ ലോകേഷ് അലങ്കിലും അമ്മനാണ് അവിടെ പറഞ്ഞത് ദുഃഖം എന്ന് പറയുന്നത് പ്രിയവിശ്ലേഷാദി ദുഃഖം പ്രിയവിശ്ലേഷം അപ്രിയാകമനുണ്ട് ദുഃഖത്തിന് നിമിത്തം നേരത്തെ പറഞ്ഞു കഴിഞ്ഞാൽ ദുഃഖനിമിത്തം എന്തെന്ന് അത് വളരെ വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടു ഭാവം കൂടെ യോജിക്കുന്നു ഇങ്ങനെ ഇത്രയും ശരിയാണ് ചേതനാന്തരഘട്ട മറ്റൊരു വ്യക്തിയിലുള്ള ദുഃഖത്തിന് ഹേതുവായിരിക്കുന്ന സ്വമനോവികാരം അതാണ് പ്രോധം അങ്ങനെ അതിലൂടെ ദഹനങ്ങളൊന്നും മറ്റൊരു ജീവനുള്ള ദുഃഖം അതിന് ഹേതുവായിരിക്കുന്ന സ്വമനോവികാരം ക്രോധം ആ പക്ഷേ ആ പറയുന്നത് ശരിയല്ല എന്തുകൊണ്ടാണ് ബ്രോധം ജീവൻ എന്നുള്ളതിനോട് മാത്രമേ വരുന്നില്ല ദൃഢമായ വസ്തുക്കളോട് മനുഷ്യൻ്റെ ബ്രോധമുണ്ടാവും അങ്ങനെ വരുന്നില്ലെന്നാണ് പറയുന്നത് പറയുന്നു അന്തരശ്തേന സ്വ ദുഃഖേലു സ്വമനോവിക വ്യാപർത്തം അന്തര ചേതനാന്തരം എന്നാണ് അപ്പൊ ഈ സ്വന്തം വികാരത്തെ കുറിച്ചല്ല പറയുന്നു താഴെ പറയുന്നു അവസാനം അന്തരശ്ദേന സ്വ ദുഃഖേലു സ്വമനോവിക വ്യാപം സ്വന്തം പറയുന്നത് വേറൊരാളുടെ മനോവികാരത്തിന് വേണ്ടിയിട്ടാണ് പറഞ്ഞത് അന്തരശ്ദി തദ് അപ്പൊ ആ പറയുന്നത് ശരിയല്ല ചേരുന്ന വസ്തുക്കളിലേ നോക്കും ക്രോധം ഉണ്ടാകുന്നുണ്ട് ജഡത്തിനും ക്രോധമുണ്ടാകും ആൾക്കാര് ദേഷ്യം വന്നിട്ട് ടി വി ഒക്കെ അടിച്ചു പൊട്ടിക്കാറ് ചിലപ്പോ ദേഷ്യം അതിനോട് ഫോൺ എറിഞ്ഞുടയ്ക്കാറ് ചിലപ്പം ദേഷ്യം അതിനോടുള്ളൂ ഇപ്പൊ ചേതനവുമായ വസ്തുക്കളിലെ ക്രോധമുണ്ടാകുമെന്ന് പറയുന്നത് പഴയകാലത്ത് ടി വി എന്താണ് ഫോണൊന്നുമില്ലെങ്കിലും അടുക്കളയിൽ പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആൾക്കാരെങ്കിലും അതൊക്കെ ഇറങ്ങി പൊട്ടിക്കുമല്ലോ അതിനോടും ദേഷ്യം അപ്പോ ഈ ചേതന വസ്തുക്കളോട് തോന്നുന്ന കോപം സംക്രമിച്ച് അചേതന വസ്തുക്കളിലേക്ക് തുടക്കം ചിലപ്പോൾ അവിടെ നിന്നുമായിരിക്കും അതുകൊണ്ട് കോപം ബ്രോധം തന്നെയുണ്ടാവുന്നതായിട്ട് ശരിയല്ല ഇവിടെയും മനുഷ്യൻ ബ്രോധം തന്നെ അപ്പൊ ഇവിടെയും എല്ലായിടത്തും പറയേണ്ടി ആദ്യം പറയുന്ന തദ്രഹിത തദ്രഹിത ഇവിടെയാണ് പ്രശ്നം അപ്പോ വീതരാഗ ഭയം രാഗമില്ലാതാകുക ഭയമില്ലാതാകുക ക്രോധം ഇല്ലാതാകും ഇത് നമ്മുടെ അനുഭവത്തിൽ അങ്ങനെ തന്നെയാണ് ഒരു ഫിലോസഫിയിലും കാണാതെ പിടിച്ച് വെച്ചിട്ട് കാര്യമില്ല ക്രോധം രാഗം ഭയം ഇല്ലാത്തൊരു മനുഷ്യനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഏതെങ്കിലും ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ കണ്ടിട്ടുണ്ടോ ചിലപ്പോ സ്വയം പറയുമായിരിക്കും എനിക്കതൊന്നുമില്ല വേറെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ സ്വയം ചിലപ്പോ പറഞ്ഞോളെ നമുക്ക് ഒരു മനുഷ്യനെ കണ്ടുവരണം എന്തുകൊണ്ട് നമ്മുടെ ബയോളജിയുടെ ഭാഗമാണ് ഈ സിസ്റ്റം ഇങ്ങനെ പ്രവർത്തിക്കുന്നു അതൊക്കെ ഉണ്ടായേ തീരും കാര്യമായ എന്തെങ്കിലും അസുഖം പടിപെടണം ഈ സിസ്റ്റത്തെ തകരാറിലാക്കുന്ന നമ്മുടെ ബ്രെയിനിനെ തകരാറിലാക്കുന്ന എന്തെങ്കിലും രോഗങ്ങൾ കൂടി വെള്ള ചില പേര് ചിലതൊക്കെ മാറിയ ആധുനിക ശാസ്ത്രം ഉപയോഗിക്കാറ് അതിനെ മാനേജ് ചെയ്യുക റെഗുലറൈസ് ചെയ്യുക ബാലൻസ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ ഓക്കെ ഇന്നത്തെ സ്ഥിതപ്രജ്ഞത എന്ന് പറയുന്ന അതാണ് അതും നമുക്കറിയാം ഞാൻ ഡിഫ് മാനസ് ചോദിക്കുന്നത് ഇപ്പോ ജഡവസ്തുക്കളോട് തോന്നുന്ന ക്രോധമെന്ന് പറയുന്നത് ക്ഷണികമാണ് ചേതന വസ്തുക്കളോട് തോന്നുന്ന ക്രോധം നീണ്ടുനിൽക്കും എന്നാണ് പറയുന്നത് ഇതൊക്കെ എന്താണ് വ്യക്തികൾക്കനുസരിച്ചിട്ടാണ് ചില വ്യക്തികളില് ഇടവസ്തുക്കളോട് ക്രോധം തോന്നിയാൽ നീണ്ടു നിൽക്കണം സാറിന് മലയാളത്തിടെ ചൊല്ലാം ഇരുമ്പിൽ കടിച്ച പല്ല് പറിക്കുക കാരണം ദേഷ്യം വന്നു കഴിഞ്ഞാൽ എന്തു ചെയ്യും ഇരുമ്പിന് ഒരുപാട് കടിക്കും ഒരുപാട് കടിച്ച എന്ത് സംഭവിക്കും സ്വന്തം പല്ല് പറഞ്ഞു പിന്നെ ക്രോധം ഇവിടെ നീണ്ടു നിൽക്കുന്നു എവിടെ ക്ഷണികമാണെന്നുള്ളതൊക്കെ ആ സാഹചര്യങ്ങൾക്കനുസരിച്ചിട്ടുണ്ട് അത് ഇടത്തിൽ കുറവാണ് ചേതനത്തിൽ കൂടുതലാണ് എന്ന് പറയാനുള്ള സാഹചര്യങ്ങൾ അനുസരിച്ച് ചിലപ്പോൾ ചിലടത്ത് കുറഞ്ഞിരിക്കും ചിലപ്പോൾ നമ്മൾക്ക് പ്രിയപ്പെട്ടവരോട് തോന്നുന്ന ക്രോധം ക്ഷണികമായി പെട്ടെന്ന് ക്രോധം മാറി സ്നേഹത്തിലേക്ക് ഇതൊക്കെ മാറി തിരിഞ്ഞൊക്കെ വരാം ക്രോധം എന്ന് പറയുന്നത് നമ്മുടെ ആന്തരികമായ ഒരു വികാരമായതുകൊണ്ട് അത് ഡെഫനിഷനിലൂടെ മനസ്സിലാക്കേണ്ട കാര്യമില്ല മറിച്ച് അനുഭവത്തിലൂടെ മനസ്സിലാക്കേണ്ട കാര്യമില്ല നമുക്ക് ഡിഫൈൻ ചെയ്യേണ്ട കാര്യമില്ല ഡെഫനിഷന്റെ എന്നാൽ ഇവിടെ ചെയ്യുന്നത് ഡെഫനിഷനാണ് നീണ്ട വരികളൊക്കെ എഴുതുന്നതാണ് ഡെഫനേഷനാണ് അങ്ങനെ ഡെഫനേഷൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് ചെയ്യാത്ത സ്വന്തം കൂട്ടിയിട്ടുള്ള വികാരങ്ങളാണ് അങ്ങനെ നമ്മൾക്ക് എന്താണ് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ശാസ്ത്രത്തിൻ്റെ ആവശ്യം ഒരു ശാസ്ത്രത്തിൻ്റെ ആവശ്യം നമ്മുടെ ഉള്ളിൽ സ്നേഹമുണ്ടെങ്കിൽ അസ്നേഹം എന്താണെന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഭഗവത്ഗീത പഠിക്കേണ്ട കാര്യമാണ് അപ്പോൾ ഇതിൽ പ്രകടമാക്കുന്നത് മനസ്സിലാവും തിരിച്ചറിയുന്നത് നമ്മുടെ മനസ്സിലുണ്ടാകുന്ന വികാരങ്ങൾ നിങ്ങൾ തിരിച്ചറിയുന്നില്ല നിങ്ങൾ എത്ര ശാസ്ത്രം വായിച്ചാലും തിരിച്ചറിയുന്നില്ല അതിന്റെ അനുഭവം കൊണ്ട് എനിക്ക് വളരെ വ്യക്തമായി ഡെഫിനിഷൻ മീൻസ് ഡെഫിനിഷൻ എന്ന് പറയുന്നില്ല നിർവചനം എന്ന് പറയും പലതരത്തിലുണ്ട് ഭാഷ ഒന്ന് നിർവചിക്കുക ഒന്ന് മറ്റൊന്ന് എന്താണ് അതിൻ്റെ സയന്റിഫിക് സ്റ്റഡി എന്താണ് അതിൻ്റെ പിന്നിലുള്ള സയൻസ് അതിൻ്റെ ന്യൂറോളജി ബയോളജി ഇതൊക്കെ വിശദീകരിക്കും രണ്ട് രണ്ട് കാര്യങ്ങളാണ് നിങ്ങൾ ശാസ്ത്രം മുമ്പ് വെച്ച് മലയാളത്തിൽ വെച്ചിട്ട് വായിക്കുമ്പോൾ നിങ്ങൾ കേൾക്കുന്ന എന്താണ് ഭാഷാപരമായ വിശകലനങ്ങളാണ് ഭാഷാപരമായ വിശകലനം ഏറെയാണ് അതിൻ്റെ പിന്നിൽ നമ്മുടെ ശരീരത്തിനും ബ്രെയിനിലും നടക്കുന്ന പ്രോസസ്സ് വേറെയാണ് ഞാൻ പറയുന്നതിൻ്റെ പ്രോസസ്സാണ് ഡെഫലിഷനല്ല രണ്ടും വേറൊരു ചെറിയ ശാസ്ത്രം പഠിച്ച് പഠിച്ച് പഠിച്ച് നിങ്ങളുടെ ബുദ്ധിയെല്ലാം കെട്ടുപോലും യൂസ്ലെസ് അത് എന്റെ കുഴപ്പമുണ്ട് രണ്ടു രണ്ട് കാര്യങ്ങൾ പഴയ ഒരു രീതിയാണ് എന്താണ് എന്ത് വാക്ക് വച്ച് നിർവചിക്കുക വാക്കുകളിലൂടെ നിർവചിച്ചാലെല്ലാം ആയെന്നാണ് ചോദിച്ചിരുന്നത് കാരണം എന്തുകൊണ്ട് പ്രോസസ്സിനെ കുറിച്ച് അനലൈസ് ചെയ്യാൻ അവർക്കറിയില്ല അങ്ങനെ അവർ ചിന്തിച്ചിരുന്നു അപ്പോ ഈ വാക്കുകൾ കൊണ്ട് നിർവചിക്കുമ്പോൾ അവിടെ പ്രധാനമായി ശ്രദ്ധിക്കുന്ന എന്താണ് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അവ്യപ്തി അവ്യാപ്തി അഭിവ്യാപ്തി അസംഭവ ദോഷങ്ങളുണ്ടോ ഇതാണ് ശ്രദ്ധിക്കുന്നത് ഇത് മനസ്സിൽ വെച്ചുകൊണ്ടാണ് അവർ ഭാഷയിൽ പറഞ്ഞു കളിക്കുന്നത് അപ്പോ രണ്ട് ഒരു കാര്യത്തെ രണ്ടു തരത്തിൽ മനസ്സിലാക്കുക എവിടെയും ഭാഷയുടെ സഹായം സിമാറ്റിക് എന്ന് പറയുന്നത് എവിടെയും ആവശ്യമുള്ളതാണ് പക്ഷെ കാര്യങ്ങളെ ഭാഷാശാസ്ത്രത്തിന്റെ പരിധികളിലൂടെ മനസ്സിലാക്കുന്നതും വസ്തുനിഷ്ഠമായി മനസ്സിലാക്കുന്നത് തമ്മിൽ വ്യത്യാസം രണ്ടാണ് ഇപ്പോൾ പഴയകാലത്ത് നമ്മുടെ ശാസ്ത്രത്തിൽ നിന്ന് ഓരോ വിഷയങ്ങളെ സംബന്ധിച്ചും കൂടുതലും അറിവെന്ന് പറയുന്നത് ഭാഷാശാസ്ത്രപരമായ അറിവാണ് അതിനെക്കുറിച്ചുള്ള വസ്തുനിഷ്ഠമായ പഠനങ്ങൾ കൂടി വന്നപ്പോൾ നമ്മളിന്ന് അതിനൊക്കെ വസ്തുനിഷ്ഠമായി മനസ്സിലാക്കാൻ സാധിക്കും ഭാഷ വേണ്ടതല്ല ഞാൻ പറയാം ഏതിനാണ് അപ്പോ ഭാഷാപരമായി നമ്മൾ നിർവചനത്തിലൂടെയും വ്യാഖ്യാനത്തിനുള്ളിലൂടെയും ഉണ്ടാക്കിയെടുക്കുന്ന ആശയങ്ങളെന്ന് പറയുന്നത് അത് കൂടുതലും ബന്ധപ്പെട്ടിരിക്കുന്ന ഭാഷയുമായിട്ട് ധാതു വ്യാകരണത്തിൻ്റെ നിയമങ്ങളും ബാക്കി ഘടകം ഇതൊക്കെ ആശ്രയിച്ചിട്ടാണ് അറ്റങ്ങനെയല്ല വസ്തുനിഷ്ഠമായ നിരീക്ഷണങ്ങൾ പരീക്ഷണത്തിലൂടെ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് അതിനെ മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി ഭാഷ ഉപയോഗിക്കുന്നേ ഉള്ളൂ അവിടെ ഭാഷയ്ക്കല്ല പ്രാധ്യം പക്ഷെ നമ്മൾ ഈ നിർവചനങ്ങൾ കേട്ട് കേട്ട് ചിന്തിച്ചുകൊണ്ട് നമുക്ക് വസ്തുനിഷ്ഠമായ വസ്തുയില്ലെങ്കിൽ നമുക്ക് ഭാഷയിലൂടെ നിർവചനം ഉണ്ടാക്കി വസ്തു വേണമെന്നൊന്ന് ഭാഷയിലൂടെ നിർവചനം ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ആ നിങ്ങളുടെ നിർവചനം ശരിയാണോ നിങ്ങൾ പറഞ്ഞ കാര്യം ശരിയാണ് വസ്തു ശരിയായിരിക്കണം നിങ്ങളൊരു വസ്തു വേണമെങ്കിൽ ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ പദാർത്ഥങ്ങളിൽ സത്തയുള്ളപ്പോൾ സത്തയെ നിർവചിക്കുന്നതിനാണ് ഭാഷയിലൂടെ നിർവചിക്കുന്നത് വേറെയൊന്നും ഇതാരാണ് നിർവചിക്കുന്നത് തർക്കി അവരുടെ സാമാന്യം അവർക്ക് കൃത്യമായ നിർവചനം നിർവചനത്തിന് അവർ പറയേണ്ടി പശുക്കളിലെല്ലാം സാമാന്യം എന്ന് പറയുന്ന ഒരു പദാർത്ഥം അപ്പോൾ ഇത് എന്ത് ചെയ്യുന്നു അദ്വൈതകൾ വന്നിട്ട് അതിനെ ഖണ്ഡിക്കുന്നു ഭാഷാപരമായി പറയുന്നതില്ല ഉണ്ടെന്ന് പറയുന്നത് ഇല്ലെന്ന് പറയുന്നു നിർവചനങ്ങളിലൂടെയും ലക്ഷണങ്ങളിലൂടെയും പ്രമാണങ്ങളിലൂടെയാണ് വസ്തുനിഷ്ഠമായി അങ്ങനെ ഒരു വസ്തു ഉണ്ട് എന്നുള്ളതിന് ഇവരുടെ ഇത് എന്തല്ല എവിഡൻസ് ഇതാണ് ഭാഷാപരമായ നമ്മളതിനുള്ള കാര്യം മനസ്സിലാക്കാൻ പോകുമ്പോൾ കുഴപ്പം വസ്തുനിഷ്ഠമായ ഒരു വസ്തു ഉണ്ടെന്ന് പറയണമെങ്കിൽ നമുക്കതിനെന്ത് വേണം തെളിവ് നമ്മുടെ കാര്യമാണ് എവിഡൻസ് രണ്ടു തരത്തിലുള്ള രണ്ടുതരത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് അതിന്റെ പ്രോസസ്സിനെ കുറിച്ച് പഠിച്ചിട്ട് അവരും പറഞ്ഞു വെച്ചിരിക്കുന്ന കാര്യം ഞാൻ ഭാഷയിലൂടെ പറയുകയാണല്ലാതെ ഏതെങ്കിലും പദങ്ങളെ നിർവചിച്ചിട്ട് അങ്ങനെ ഉണ്ടെന്ന് പറയുന്ന അതാണ് വ്യത്യാസം പക്ഷേ ഇവിടെ പറയുന്ന എന്താണ് അവ്യാപ്തി അതം അഭിവ്യാപ്തി ദോഷങ്ങൾ വരുമോ എന്ന് ചിന്തിച്ചിട്ട് ഭാഷയിലൂടെ വേറെ വ്യാസം നിസ്വാനുഭവങ്ങളെ സംബന്ധിച്ചാണ് നിങ്ങൾ അഞ്ചാ നമ്മുടെ ഇമോഷൻസ് അനുഭവം എന്ന് പറഞ്ഞാൽ അതാ ഉദ്ദേശിച്ചു അതിന് നമുക്ക് തന്നെയാണ് ഒരു നിർവചനത്തിൻ്റെ ആവശ്യമില്ല നമുക്ക് മനസ്സിലാകാം സുഖം ദുഃഖം കാമം പ്രവർത്തനം എന്ന നിർവചനത്തിലൂടെ ഭാഷയുടെ നിർവചനത്തിലൂടെയല്ല നമ്മൾ മനസ്സിലാക്കാം പിന്നെ അതെങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ അതിൻ്റെ പ്രോസസ് അതിനാണ് സയൻസ് എന്നോട് അതങ്ങനെ മനസ്സിലാക്കുന്നത് അതിലുണ്ട് നമ്മുടെ വ്യത്യാസം പിന്നെ ഇന്ന് ഭാഷയുടെ നിർവചനത്തിൻ്റെ ഒരു കുഴപ്പം എന്താണ് അത് ഒരാളുടെ ഭാഷ പാണ്ഡിത്യവും യുക്തിയും അനുസരിച്ച് എങ്ങനെയാണ് വ്യാഖ്യാനിക്കാം അതിന് ഏത് ശരി ഏത് തെറ്റെന്ന് പറയുന്നു ആത്യന്തികമായി ഇവിടെ നിൽക്കും ഇതാണ് അവരവരുടെ വിശ്വാസം ഇപ്പോ ബ്രഹ്മം എന്താണ് കർക്കന്മാർ പറയുന്നു അത് ദ്രവീയമാണ് സാങ്കന്മാർ പറയുന്നു അങ്ങനൊരു കാര്യമില്ല ഭീമാസവന്മാർ പറയുന്നു നിങ്ങൾക്കത് നിർവചിക്കാൻ പറ്റില്ല അങ്ങനെ ഒന്നുമില്ല പിന്നെ അങ്ങനെ നിങ്ങൾ നിർവചിക്കും അദ്ദേഹം പറയുന്ന ബ്രഹ്മം എന്ന് പറഞ്ഞാൽ നിത്യശുദ്ധ ബുദ്ധമുക്തം ആണ് എന്ന് പറയുന്നു ഇഷ്ടാദേവ പറയും അതൊക്കെ ശ്രീമന്ത് നാരായണനാണ് എല്ലാവരുടെയും നിർവചനമാണ് അപ്പൊ ഇത് ഏതാണ് ശരിയായിട്ടുള്ള നിർവചനം നിർവചനം ഏതാണ് ശരിയായിട്ടുള്ള ബ്രഹ്മം നിർവചനത്തിന്റെ കുഴപ്പം അതാണ് നമുക്കതിലൂടെ യാഥാർത്ഥ്യം എന്താണെന്ന് മനസ്സിലാകണമെങ്കിൽ നമ്മളൊന്നിനെ സ്വീകരിക്കും നമ്മുടെ ട്രഡീഷൻ നമ്മുടെ ഡൊഗ്മാസ് നമ്മുടെ ഫൈറ്റ് അതിനനുസരിച്ചാണ് പിടികിട്ടിയോ പറയുന്നതാണ് രാഹിത്യം ഇല്ലായ്മ അത് ഇതിൽ ഒരു പിന്നെ എന്താണ് നമ്മൾ ഇത്തരം അറിവുകൾ നേടുമ്പോൾ എപ്പോഴും നമ്മൾ മനസ്സിലാവും വ്യാഖ്യാനങ്ങളിലൂടെ വിശദീകരണങ്ങളിലൂടെ നമ്മൾ അറിവ് നേടുക എന്ന് പറയുന്നത് എന്താണ് അത് പരസ്പരം തർക്കിച്ചിട്ട് ജയിക്കുന്നവന്റെ അറിവിനെ സ്വീകരിക്കുകയായിരിക്കും തോക്കുന്നു അറിവിനെ തടുക്കളും അപ്പോ ഒരു അറിവിനെ സ്വീകരിക്കുന്നതിന്റെ അടിസ്ഥാനമായിരിക്കുന്ന എന്താണ് വാദിക്കാനുള്ള കഴിവാണ് വാദിക്കുന്ന കഴിവുകൊണ്ടാണ് ഒരാൾ അതിനെ സ്വീകരിക്കുന്നത് പിന്നെ നമ്മുടെ ട്രഡീഷനോട് നമുക്കൊരു വിശ്വാസവും അപ്പൊ അങ്ങനെ ഒരു പറയാൻ പറ്റിയില്ല ഈ വസ്തുനിഷ്ഠമായ അറിവിലും വ്യത്യാസങ്ങളുണ്ട് അത് വ്യത്യാസമുണ്ടെങ്കിലും അതിൻ്റെയൊക്കെ പിന്നിൽ വ്യത്യസ്തമായ വസ്തു വസ്തുനിഷ്ഠമായ പഠനങ്ങളുണ്ട് അതാണ് അതിൻ്റെ വ്യത്യാസം എന്താണ് യാഥാർത്ഥ്യ ബാഹ്യമായ റിയാലിറ്റി എന്താണ് അതിനെക്കുറിച്ച് നിരവധി പഠനങ്ങളും നിരവധി സിദ്ധാന്തങ്ങളും ഉണ്ട് പക്ഷേ അതിൻ്റെ പിന്നിൽ പഠനങ്ങളുണ്ട് തർക്കം ഉണ്ട് അതാണ് അതിൻ്റെ വ്യത്യാസം നെയ് റിയാൽ ന്യൂറൽ റിയാൽറ്റ് സ്ട്രക്ചറൽ റിയാൽറ്റ് മെറ്റാഫിസിക്കൽ റിയാലിറ്റ് ഫിസിക്കൽ റിയാലിറ്റി ഇതുപോലെ നിരവധി പഠനങ്ങളുണ്ട് റിയാലിറ്റിയെ സംബന്ധിച്ച് പക്ഷേ അതിൻ്റെ പിന്നെ പഠനങ്ങളുണ്ട് എങ്ങനെയുള്ള പഠനം ഒബ്ജക്റ്റീവായ സ്റ്റഡീസ് കേവലം താർക്കികമായ വിശലനങ്ങൾ വിശകലനങ്ങൾ മാത്രം ഇതാണ് രണ്ട് നിങ്ങളുടെ അതോ പിന്നെ ആരും തന്നെ നിങ്ങളോട് ആവശ്യപ്പെടുന്നുണ്ട് ഇതാണ് ഇത് ഞങ്ങളുടെ സമ്പ്രദായമാണെന്ന് നിങ്ങളിത് വിശ്വസിച്ചോളുക എന്നാവശ്യപ്പെടുന്നുണ്ട് ഞങ്ങളുടെ പഠനങ്ങളിലൂടെ ഞങ്ങൾ എത്തിച്ചേരുന്ന നിഗമനം ഇതാണ് അതേസമയം ഇതിനെ സംബന്ധിച്ച് മറ്റ് പഠനങ്ങൾ കൊണ്ടന്നേ പറയത്തു ഇവിടെ ട്രഡീഷൻ എന്റെ ഫെയ്ത്തിന്റെ ആവശ്യം ഇതൊക്കെ ഇതിന്റെ വ്യത്യാസങ്ങളും മനസ്സിൽ വെച്ചുകൊണ്ടുവരണം ഇതിനെ കുറിച്ച് അത് പഠിക്കുന്നു ചിന്തിക്കുകയും ചെയ്യേണ്ടത് ഓക്കെ